എന്നാൽ നിന്റെ രക്ഷിതാവ് സത്യം അവർക്കിടയിലുണ്ടായ തർക്കങ്ങളിൽ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധിച്ച കാര്യത്തിൽ തങ്ങളുടെ മനസ്സുകളിൽ യാതൊരു പ്രയാസവും കണ്ടെത്താതെ പൂർണമായി അതിന് കീഴടങ്ങുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല